സൈക്കിക് ഡിസ്റ്റർബൻസ് സാധാരണ എല്ലാവർക്കും ഉണ്ടാവും അവരുടെ സന്നിധിയില് നമ്മളുടെ സൈക്കി നമ്മളുടെ മൈൻഡ് അത് അവാച്യമായ അവരനുഭവിക്കുന്ന ആത്മാനുഭൂതി അഭിതോ ബ്രഹ്മനിർവാണം വർത്തതെ വിദിതാത്മനാം അവരുടെ ബ്രഹ്മനിർവ്വാണ സുഖം ചുറ്റുപാടും തളം കെട്ടി നിൽക്കും ഒരു പുഷ്പത്തിന്റെ പരിമളം പോലെ ആത്മാനുഭവത്തിന്റെ സുഖം സ്വാനുഭൂതിസമ്പന്നനായ ജ്ഞാനിയുടെ ദൂരാത് ഗന്ധോ വാതീന്നും ദൂരത്തുനിന്ന് തന്നെ മണക്കുന്ന അങ്ങനെയൊക്കെ അറിയാൻ പറ്റുള്ളൂ അങ്ങനെ എല്ലാരും അറിയോ അറിയില്ല ശ്രദ്ധയാർക്കൊണ്ടോ ആ ജ്ഞാനിയുടെ ശാന്തിയുടെ സുഗന്ധം മണക്കാനുള്ള മൂക്കാണ് ശ്രദ്ധ ശ്രദ്ധയെന്ന് പറയണ മൂക്കുണ്ടെങ്കിലേ പരിമളം മണക്കാമറ്റു ഭഗവാൻ രമണറെ പാത്ത ഒരുത്തർ എഴുതി എങ്കയോ ദൂരക്ക മണത്തിൽ നമ്മൾ പാക് പൊന്നുളളി വടിവിനാനേ പൂരണവതാനേ തന്നറും സ്വാനുഭൂതിലാം മണക്ക ഉന്നറും പുഴ കേട്ടി ഉലകലാം തേടിവന്തോതി സ്വാനുഭൂതിരയെല്ലാം മണക്കുഭൂതി ധരയിലെല്ലാം മണക്കറ ഭൂമിയെല്ലാം മണക്ക അത് എങ്ങനെ മനസ്സിലായി എങ്ങനെ അറിഞ്ഞു ശ്രദ്ധ അപ്പൊ ശ്രദ്ധയെ വളർത്തുക തപസ് തപസ് കൊണ്ട് എന്തുണ്ടാവും ശ്രദ്ധ വളരും തപസ് എന്താണ് ഭഗവാൻ ഇപ്പൊ പറയാൻ പോകും എന്തൊക്കെ വിധത്തിലാണ് ഇപ്പൊ നമ്മൾ ചോദിക്കും ഇത്രയൊക്കെ പറഞ്ഞിട്ട് ശരി ഇപ്പൊ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ശ്രദ്ധയെ വളർത്ത ശ്രദ്ധ വളർത്താൻ പറ്റുമോ നിശ്ചയായിട്ട് വളർത്താൻ പറ്റും കാരണം ആദ്യം ശ്രദ്ധ വളർത്താനായിട്ട് വേണ്ടത് എന്താന്ന് വെച്ചാൽ ഭഗവാൻ ഇന്നലെ പറഞ്ഞു യോ യു തീറ്റലാണ് ശ്രദ്ധയെങ്കില് തീറ്റ സാമഗ്രികൾ കണ്ടുകൊണ്ടേയിരിക്കും അത് പുതിയതായിട്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അത് തിന്നണതിലേ രുചിയായിരിക്കും തിന്നാൻ വേണ്ടിയുള്ള ജന്മം ഒരാ കൊറേ ആളുകൾ ഊണ് കഴിക്കാണ്ടിരിക്കണു അപ്പൊ ഒരു സിദ്ധൻ നാരായണത്ത് പ്രാന്തരങ്ങോട് വന്നു വെച്ചോളാ ഇദ്ദേ വന്ന് കൊറേ ആളോട് ചോദിച്ചു എന്തിനാ ഇരിക്കണത് ഉണ്ണാൻ അടുത്ത ആളോട് ചോദിച്ചു എന്തിനാ ഇരിക്കണത് ഉണ്ണാൻ മൂന്നാമത്തെ ആളോട് ചോദിച്ചു ഏയ് രണ്ടുപേരോട് ചോദിച്ചില്ലേ പിന്നെ എന്തിനാ ചോദിക്കുന്നത് ഉണ്ണാനാണ് ഇരിക്കണത് എന്നറിയില്ലേ ഇങ്ങനെ കൊറേ ആളുകളോട് ചോദിച്ചപ്പോ അവസാനം ഒരാൾ പറഞ്ഞു ഇരിക്കാൻ ഉണ്ണാണ് കേട്ടോ എന്ന് നോർക്കു അപ്പോഴാണ് ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലായത് ഉണ്ണാനിരിക്കണതിനും ഇരിക്കാൻ ഉണ്ണതിനുമുള്ള വ്യത്യാസം അതിവും ഉണ്ണാനാണ് ഇരിക്കണത് എന്നാണ് അപ്പൊ ശ്രദ്ധ ഇവിടെ ഊണ് കഴിക്കണതിൽ അല്ലേ ചിലർക്ക് ശ്രദ്ധ ഇവിടെ പണുണ്ടാക്കണത്തിൽ അതൊക്കെ ഒരു തരം ഈ ശ്രദ്ധ സെന്റർ വിട്ടു പോകുമ്പോ മനോരോഗമായിട്ട് മാറും ശ്രദ്ധ തന്നെയാണ് എല്ലാം ശ്രദ്ധയ്ക്കൊരു സെന്റർ ഇല്ലെങ്കിൽ എത്ര പണം സമ്പാദിച്ചാലും പോരാ ചിലർക്കുണ്ട് അതൊരു രോഗം സമ്പാദിച്ചുകൊണ്ടേയിരിക്കും സമ്പാദിച്ചുകൊണ്ടേയിരിക്കും കുറെ സമ്പാദിച്ചു വെക്കും പിന്നെ എന്തു ചെയ്യും ഒരാൾ ഒന്ന് പറഞ്ഞു സ്വാമി ഞങ്ങള് എന്തു ചെയ്യും ഞങ്ങളുടെ അടുത്ത് കുറെ പണുണ്ട് അപ്പൊ ഈ സ്വാമിമാർക്കൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ഇത് കൊടുക്കാനല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് വല്ല പ്രയോജനം ഞങ്ങൾക്ക് കിട്ടില്ലേ ചോദിച്ചു കിട്ടും എന്ത് പ്രയോജനം സ്വാമിമാർ നിങ്ങളെപ്പോലെ ആവും നിങ്ങൾ സ്വാമിമാരെ പോലെ ആവാൻ പറ്റിയിട്ടില്ലെങ്കിലും അവര് നിങ്ങളെ പോലെ ആവും അത് കൊറേ കൊടുക്കൂ അവരതുകൊണ്ട് പോയിട്ട് ഒരു ഒരു പുതിയ ഒരു കാര്യം കെട്ടും കെട്ടിക്കഴിഞ്ഞിട്ട് അവസാനം അതിന് തികയാതെ വരുമ്പോ അവര് നിങ്ങളുടെ പുറകെ നടക്കും ഇപ്പൊ നിങ്ങൾ അവരുടെ പുറകെ നടക്കുന്നുണ്ടല്ലോ അത് കഴിയുമ്പോൾ പിന്നെ അവര് നിങ്ങളുടെ പുറകെ നടക്കും അപ്പൊ പ്രയോജനം ഉണ്ടാവും പവർ മണി പവർ മണി പവർ എന്താന്ന് വെച്ചാൽ നിങ്ങളെ എന്റെ പുറകെ നടത്തിക്കാം അത് നടക്കും തപോവന സ്വാമികളുടെ അടുത്ത് വിദ്യാനന്ദ തീർത്ഥപാദ സ്വാമികൾ ചോദ്യം ചോദിച്ചു ഒരു സംവാദാണ് ആ സംവാദത്തില് പറഞ്ഞു സ്വാമി ഈ ആസ്പത്രികളിൽ ഇതൊക്കെട്ടാതെ സമൂഹത്തിൽ നിന്നും സന്യാസികൾക്ക് അംഗീകാരം കിട്ടില്ല അപ്പൊ തപോവനസ്വാമി പറഞ്ഞു സമൂഹത്തിൽ നിന്ന് അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ടാണോ സന്യാസം അല്ല അതൊക്കെ ലോകത്തിന് വേണ്ടതാണല്ലോ അതൊക്കെ വേണ്ടതാണ് അതൊക്കെ ഗൃഹസ്ഥന്മാർ ചെയ്യേണ്ടതാണ് ഇത് ഗൃഹസ്ഥന്മാരുടെ ധർമാണോ അവര് ചെയ്യേണ്ടതാണ് ഇപ്പൊ സന്യാസിക്ക് ഇതൊക്കെ ചെയ്യാൻ പണം എവിടെ അത് കൊടുക്കും ഓ അപ്പൊ പണമൊക്കെ ഗൃഹസ്ഥന്മാരുടെയാണ് അപ്പൊ വാസ്തവത്തിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഗൃഹസ്ഥന്മാരുടെ അവർക്ക് നോക്കാൻ സമയമില്ലാത്തത് കൊണ്ട് സന്യാസിക്ക് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഏൽപ്പിക്കായിരിക്കും വിഷയമാണ് ശ്രദ്ധ ആത്മാഭിമുഖമായിട്ട് തീരുക എന്ന് പറയുന്നത് വളരെ വളരെ വളരെ അനുഗ്രഹം കൊണ്ട് സാധിക്കേണ്ട ഒരു കാര്യാണ് ഇപ്പൊ സന്യാസം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കണത് ശ്രദ്ധ ആത്മാഭിമുഖമായിട്ട് തീർന്നിരിക്കണു എന്നാണ് അതാണ് സന്യാസം സമ്യക്യാസ ത്യാഗമെന്നൊരർത്ഥം ന്യാസമെന്നു വെച്ചാൽ നിക്ഷേപം ഇതപ്പോ അത്ര നയസ്യത്തെ എന്ന് പറഞ്ഞാൽ ഞാനിത് അതിവിടെ വെച്ചു എന്നർത്ഥം അതുപോലെ സമ്യക്യാസം എന്ന് വെച്ചാൽ മനസ്സിനെ കൊണ്ടുപോയി ആത്മാവിൽ വെച്ചു വേദത്തില് ന്യാസമുണ്ട് മഹാന്യാസം ലഘുന്യാസം അഗ്നി ശ്രിതൃദയേ ഹൃദയം മൈ അഹമൃ അമൃതം ബ്രഹ്മണി ന്യാസമാണ് അഗ്നിയെ വാക്കിൽ വെച്ചു വാക്കിനെ ഹൃദയത്തിൽ വെച്ചു ഹൃദയത്തിനെ ആത്മാവിൽ വെച്ചു അങ്ങനെ വെക്കേണ്ട വസ്തുവിനെ വെക്കേണ്ട സ്ഥലത്ത് വെക്കുന്നത് സന്യാസാണ് സമ്യക്യാസം നിഷ്ഠാർത്ഥമാണ് അവൻ അപ്പോ അത് ശ്രദ്ധയുടെ ഏറ്റവും സൂക്ഷ്മരൂപമാണ് അത് ആര് ചെയ്യണോ അവൻ സന്യാസിയാണ് അവൻ യതിപര്യനാണ് ആർക്കത് സാധിക്കുന്നു സർവസംഘപരിത്യാഗരൂപത്തില് എല്ലാം വിട്ട് തന്റെ ശ്രദ്ധാശക്തിയെ ആത്മാവിൽ ഇരുത്തുന്നവൻ യതിയാണ് ഋഷിയാണ് യോഗിയാണ് ഗുണാതീതനാണ് സ്ഥിതപ്രജ്ഞനാണ് ഭക്തനാണ് ഭാഗവതനാണ് സംയമിയാണ് എന്തു പേര് വേണമെങ്കിൽ പറഞ്ഞോ ബ്രാഹ്മണനാണ് ശ്രദ്ധ വേറെ വിഷയങ്ങളിൽ പോകുമ്പോൾ പേര് പുകഴ് പണം സ്ഥാനമാനങ്ങള് കാമക്രോധാദി വികാരങ്ങൾ ഇതിലൊക്കെ ശ്രദ്ധ പോകുമ്പോൾ ശ്രദ്ധയ്ക്ക് ബല ഇല്ലാതായിട്ട് തീർന്ന് അതിനെ മനസ്സെന്ന് വിളിക്കുന്നു മനസ്സ് ആത്മാഭിമുഖമായി തിരിഞ്ഞാൽ അതിന് ശ്രദ്ധയെന്ന് പേര് ശ്രദ്ധ വിഷയാഭിമുഖമായിട്ട് തിരിഞ്ഞാൽ അതിന് മനസ്സെന്ന് പേര് ഇപ്പൊ നോക്കൂ നമ്മൾ തിരിച്ച് തിരിച്ച് ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മളെടുത്ത് ആകെപ്പാടെ ഒരേ ഒരു ഡെപ്പോസിറ്റേ ഉള്ളൂ അതിനെന്ത് പേര് വേണമെങ്കിൽ വിളിക്കാം അവസാനമാകുമ്പോ അതിനെ ആത്മാന്ന് വിളിക്കും ഉപനിഷത്ത് പറഞ്ഞത് ആത്മാ ഞാൻ എന്ന് അഭിമാനിച്ചപ്പോ പലവിധ ഭാവനകൾ ചെയ്തപ്പോ ചിത്തവൃത്തികളായി കാണണമെന്ന് ധരിച്ചപ്പോ കണ്ണായി കേൾക്കണമെന്ന് ധരിച്ചപ്പോൾ ചെവിയായി മണക്കണമെന്ന് ചിന്തിച്ചപ്പം മൂക്കായി രുചിക്കണമെന്ന് ചിന്തിച്ചപ്പോ നാവായി ഏകോഹം ബഹുശ്യാം എടുക്കണമെന്ന് ആദാനം ചെയ്യാൻ തീരുമാനിച്ചപ്പോ കൈയായി നടക്കണമെന്ന് ധരിച്ചപ്പോ കാലായി ഒരേ വസ്തു പലതായിട്ട് ചിന്തിച്ച പല പല ഉപകരണങ്ങൾ പുറത്തേക്കും നോക്കൂ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം അല്ലേ എല്ലാം സങ്കല്പിക്കുന്നു ഉണ്ടാക്കണു ക്രതുഹു സങ്കൽപ്പ പിന്നെയോ അഭിസംബദ്ത കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നു പ്ലെയിൻ ഉണ്ടാക്കുന്നു റോബോട്ട് ഉണ്ടാക്കുന്നു എന്തൊക്കെയോ മിസ്റ്ററീസ് ആശ്ചര്യമായിട്ട് ഉണ്ടാക്കുന്നു സങ്കൽപ്പിച്ചുണ്ടാക്കി ഇനിയിപ്പോ തിരിച്ച് സങ്കല്പിക്കുന്നതാണ് യോഗം തിരിച്ചെങ്ങനെയാ സങ്കല്പിക്കണത് പണ്ടേ കണക്ക് വരുവാൻ നിൻ കൃപാവലികളുണ്ടാകെങ്കിൽഹ നാരായണായ നമ ഭഗവാനെ പണ്ടേ കണക്ക് വരട്ടെ പണ്ടേ കണക്കെന്നുവെച്ചാൽ എപ്പോ ആത്മാവാദമഗ്ര ആസീത് ഏകമേവാദ് രണ്ടില്ലാതെ ആത്മാവായിട്ടിരിക്കണ സ്ഥിതി വരട്ടെ ആത്മാ മറ്റു അത് നില വരട്ടും അപ്പൊ ആശപ്പെട രണ്ട് ഇല്ലാതെ നിലവരട്ടും അപ്പൊ ആശപ്പെട അത് ശ്രദ്ധാനു പേര് അത് ശ്രദ്ധാശക്തി അപ്പൊ വരണമാന ഇവനുക്ക് വന്ന് കർമ്മ വിശുദ്ധി വരണം അത് മുതലേ അധ്യായങ്ങളിലെല്ലാം ഉപാസന വരണം ആറാവത് അധ്യായത്തിൽ ഉപാസന വന്നിരത്ത് സാങ്ക്യ യോഗ എല്ലാത്തി സമഗ്രമാ ഭഗാന് അപ്പറം കർമ്മയോഗം അപ്പം ഞാനയോഗം ഉപാസന എല്ലാം ചൊല്ലി അപ്പം ത്രൈകുണ്യ വിഷയങ്ങളെല്ലാം ഇപ്പൊ ശ്രദ്ധാത്രയ വിഭാഗ യോഗം അധ്യായത്തില അടുത്ത അധ്യായം അതിനോക്ഷം അത് അധ്യായത്തിന് നമ്മളെ പക്വപ്പെടുത്തൂരി ഈ അദ്ധ്യായത്തിലെ നമ്മളെ പതുക്കെ നമ്മളുടെ ശ്രദ്ധ സാത്വികമാണോ രാജസമാണോ താമസമാണോ ഒക്കെ ഭഗവാന് പറഞ്ഞു യജന്തേ സാത്വികം സി രാജസാഹ പ്രേതാനുഭൂതഗണാം ഭഗവാൻ ഇന്നലെ പറഞ്ഞു നമ്മൾ സാത്വികരാണെങ്കിൽ ദേവപൂജ ചെയ്യും ചിലര് യക്ഷന്മാരെയും രാക്ഷസന്മാരെയും രാക്ഷസുകളെയും ഒക്കെ പൂജ ചെയ്യും പഴയ കാലത്ത് അങ്ങനത്തെ അഭിമാനമൊക്കെ നമുക്ക് ഐതിഹ്യമാല വായിച്ചാൽ കാണാം ഓരോരുത്തര് ്രഹ്മരക്ഷസും അതു ഇതിനെയൊക്കെ വശത്തിലാക്കിയിട്ട് എന്റെ കൂടെ വരും പറഞ്ഞാൽ അത് വരും അങ്ങനെയൊക്കെ കൂട്ടി ഒരുപാട് കഥകൾ ഉണ്ടല്ലോ അല്ലേ അതൊക്കെ രാജസാജനാഹ പ്രേതാനുഭൂതഗണാംശാന് പ്രേതഭൂതഗണങ്ങളെയൊക്കെ യചിക്കുന്നു താമസാജനാഹ ശാസ്ത്രം നമുക്ക് വിധിച്ചു തന്ന വഴിയിലല്ലാതെ ഉപാസനാദികൾ ചെയ്താൽ പോലും ഫലിക്കില്ല ചിലർ വിചാരിക്കണത് മെഡിറ്റേഷൻ ഇതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്താൽ മതിയെന്ന് ചിലപ്പോ മെഡിറ്റേഷൻ ഒക്കെ പോലും ശാസ്ത്രീയമല്ലെങ്കിൽ നല്ല ഫലം കിട്ടില്ല ചിലപ്പോൾ ചീത്ത ഫലമൊക്കെ ഉണ്ടായിരുന്നു വരാം മന്ത്രജപാദികളും ആളുകൾ എന്തെങ്കിലുമൊക്കെ ഒരു മന്ത്രം ജപിക്കാം ബീജാക്ഷരങ്ങളൊക്കെ ഇപ്പൊ പല ആളുകളും ഒരുപാട് ഗുരുക്കന്മാരെ അറിഞ്ഞതുകൊണ്ട് ശിഷ്യന്മാരാണ് കുറവ് ധാരാളം ഗുരുക്കന്മാർ അറിഞ്ഞത് കൊണ്ട് എവിടുന്നെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ മന്ത്രം എടുത്ത് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുക എന്നുള്ള സമ്പ്രദായമാണ് വൈദ്യത്തിൽ സാധാരണ ഒരു ശ്ലോകം പറയും ഒരു വൈദ്യനോട് ചോദിച്ചു അത്ര വൈദ്യശാസ്ത്ര അത് വളരെ എളുപ്പം യസ്യ കസ്യ തരോർ മൂലം ഏതെങ്കിലും മരത്തിന്റെ പേര് പറിച്ചെടുക്കാന്ന് എന്നിട്ടോ ഏനക്കേന പ്രപേശയേ എങ്ങനെയെങ്കിലുമൊക്കെ പിഴിഞ്ഞെടുക്കുക എന്നിട്ട് പാർക്കാ കൊടുക്ക യസ്മൈ കസ്മൈ ച ദാതവ്യം എന്ത് വന്നാലും കൊടുക്ക എന്നിട്ട് ഗുണമാകോ യദ്വാദ്വാ ഭവിഷ്യത്തി ഗുണമായ വൈദ്യുത പേരായി പോയാ പോയി കാഞ്ഞാ കാഞ്ഞു അതിലൊരു നൂറിലൊരു പത്താള് ഗുണമായാൽ അവര് പറയും വൈദ്യം കേമനാണോട്ടോ എന്ന് പറയും അപ്പോ അതുപോലെയാണ് ഇപ്പൊ അധ്യാത്മെന്ന് പറയണത് കൊറേ ബീജാക്ഷര അത് ഇതൊക്കെ വെച്ചിട്ട് ൂടെ ഒക്കെ മന്ത്രോപദേശം കൊടുത്തേ കമ്പ്യൂട്ടർ കൂടെ എന്തൊരു ലോക നമ്മളുടെ അറിയൂ നല്ല എവിടെ നോക്കിയാലും കോമഡി ഷോ പഴയ കാലത്ത് ഋഷികൾ എന്തൊക്കെ തന്നെ രഹസ്യം രഹസ്യം എന്ന് പറഞ്ഞ് ജീവൻ ആപത്ത് വരരുതെന്ന് പറഞ്ഞ് ഓരോന്നും കാത്തു സൂക്ഷിച്ച് അധികാരികളെ നോക്കി കൊടുത്തുകൊണ്ടിരുന്നുവോ അതൊക്കെ തന്നെ ഇപ്പോൾ വലിയ വിശാല ഹൃദയം വന്നു എന്നാണ് ആളുകൾ വിചാരിക്കണത് എല്ലാവർക്കും എല്ലാം കൊടുക്കുന്നത് കൊണ്ട് അത് വിശാല ഹൃദയമാണെന്നാണ് വിചാരിക്കുന്നത് അത്യപകടമായ ഒരു കാര്യമാണ് കാരണം ഈ ബീജാക്ഷരങ്ങളൊക്കെ തന്നെ ഓരോ അക്ഷ ഓരോ അക്ഷരം തന്നെ ബീജമാണ് ഒരക്ഷരമായിട്ട് ഉപയോഗിച്ചാൽ തന്നെ ബീജമാണ് അതൊക്കെ മന്ത്രശാസ്ത്ര വിഷയങ്ങൾ ആ ബീജാക്ഷരങ്ങളൊക്കെ ചിലപ്പോൾ ചിലർക്ക് പറ്റില്ല സൗണ്ട് ക്യാൻ ക്രിയേറ്റ് സൗണ്ട് ക്യാൻ ഡെസ്ട്രോയ് സൗണ്ട് ക്യാൻ കിൽ സൗണ്ട് ക്യാൻ ഹീൽ ശബ്ദത്തിന് എല്ലാ ശക്തി ഉണ്ട് ശബ്ദത്തിന് വേണമെങ്കിൽ നിങ്ങൾ ഈ അരണ്ടല്ലോ ഈർച്ചവാളിന്റെ ശബ്ദം വെറുതുള്ള ശബ്ദം അത് നിങ്ങൾ ഒരാളെ ഒരു റൂമിൽ വെച്ചിട്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഇട്ട് കൊടുത്താൽ മതി അടുത്ത ദിവസം ഒന്നിലയാൾ മരിക്കും അല്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കും എന്താ ശബ്ദം ുള്ള ശബ്ദം രേഭം എന്നിട്ട് നോക്കൂ എന്നിട്ട് നിങ്ങള് സൗണ്ടിന് എഫക്റ്റ് ഇല്ലെങ്കിൽ എന്നോട് ഒന്ന് പറയാ ധൈര്യം ചെയ്യൂ രേഭം ഈ രേഭം അഗ്നിയാണ് അതാണ് രാ മറണത് ശീതളമാണ് മ എന്ന് പറയണത് ശീതളമാണ് കുളിർമ്മയാണ് അതിനോടുകൂടെ ചേർന്നിട്ടാണ് രാമ ചില മന്ത്രങ്ങളൊക്കെ തന്നെ ഈ രേഭം നിറഞ്ഞിരിക്കും വേദത്തിൽ തന്നെ ചില മന്ത്രങ്ങൾ ഷന്നോ മിത്ര ശം വരുണഹ ഷണ്ണോ ഭവത്വര്യ ഇന്ദ്രോ ബൃഹസ്പതി രുമഹ എത്ര രേഭ നോക്കൂ ആവശ്യമില്ലാതെ അതിലൊക്കെ കടന്ന് കളിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാക്കും എല്ലാത്തിനും ഋഷികൾ ഒരു പദ്ധതി വെച്ചിട്ടുണ്ട് ഒരു സമ്പ്രദായം വെച്ചിട്ടുണ്ട് ഒരു സംസ്കാരം വെച്ചിട്ടുണ്ട് അതിനെ നമ്മൾ ശാസ്ത്രം എന്ന് വിളിക്കുന്നു ആ ശാസ്ത്രം ചിലർക്ക് ചിലർ വിധിച്ചിട്ടുണ്ട് ചിലർക്കത് ആവശ്യമില്ല അല്ലാതെ എല്ലാവർക്കും അത് കൊടുക്കാൻ പാടില്ല അവര് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞവരാ എല്ലാവരും ചിലർക്ക് വിഷമിച്ചു തന്നെ പോണം ചിലർക്ക് വിഷമം വേണ്ട എങ്ങനെയെങ്കിലും ഇതിന്റെ ലക്ഷ്യം എന്താ എങ്ങനെയെങ്കിലും ഈ അഭിമാനം ഇല്ലാതാവണം മനസ്സ് ശാന്താവണം അത്രയല്ലേ വേണ്ടു അല്ലാതെ നേടിയെടുക്കാനാണോ ആളുകൾ ധരിക്കണെന്തെങ്കിലും നേടിയെടുക്കാനാണെന്നാണ് ഇവിടെ നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യമേ അല്ല ഈ ജീവനെ എങ്ങനെയെങ്കിലും സമാധാനം കൊടുക്കണം അല്ലാതെ ഇയാളെ വലിയ ആളാക്കണത് ഒരു വലിയ കാര്യൊന്നുമല്ല സക്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ധരിക്കണത് ലോകം മുഴുവൻ അറിയുക അതാണ് സക്സസ് എന്ന് അത് ഒരു വലിയ പനിഷ്മെന്റ ലോകം മുഴുവൻ അറിയപ്പെട്ട ആളെ പോലെ ദുരിതം അനുഭവിക്കണമെന്ന് വേറെ ആരും ഉണ്ടാവില്ല അയാൾക്ക് ഒരിടത്തും സ്വാതന്ത്ര്യം ഉണ്ടാവില്ല സമാധാനം ഉണ്ടാവില്ല നേരെ ചൊവ്വ എടുത്ത് പോയി ഇരിക്കാൻ പറ്റില്ല ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളെ പോലെ ദുരിതം അനുഭവിക്കണമെന്ന് ഒന്നുമില്ല അതുകൊണ്ട് സക്സസ് എന്ന് പറഞ്ഞാൽ നാലാള് നമ്മളെ അറിയണതൊന്നും സക്സസ് അല്ല ഒരു വീട്ടിലിരുന്ന് നേരാച്ചൊവേ സമയത്തിന് ആഹാരം കഴിച്ച് നാമം ജപിച്ചോ ഭക്തി ചെയ്തോ ശാസ്ത്രാധ്യയനം ചെയ്തോ ആത്മവിചാരം ചെയ്തോ ധ്യാനം ചെയ്തോ സമാധാനമായിട്ട് ശാന്തിയായിട്ട് ആരും അറിയാതെ മരിച്ചുപോയ അതാണ് സക്സസ് ഇനിയിപ്പെല്ലാരും അറിഞ്ഞോട്ടെ പ്രാരബ്ദമനുസരിച്ച് എല്ലാരും അറിയട്ടെ എന്തൊക്കെ തന്നെ ആയാലും ഈ ശാന്തി നഷ്ടപ്പെടില്ലെങ്കിൽ അതാണ് സക്സസ് അറിയണ്ട അറിയണം എന്നല്ല അത് പ്രാരബ്ദം നിയത്തി പക്ഷെ ചിലര് അതിനെ ലക്ഷ്യമായിട്ട് ധരിക്കുകയാണ് അറിയുകയോ വലിയ വലിയ കെട്ടിടങ്ങൾ കെട്ടുകയോ ലോകത്തിൽ എന്തോ ഒരു കാര്യം തകിടം ഒന്നും ആവശ്യമില്ല സമാധാനം ശാന്തിയാണ് അപ്പൊ ഋഷികൾ പറഞ്ഞു സ്ത്രീകളോട് പറഞ്ഞു സ്ത്രീകൾ ചിലര് ധരിക്കണത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് മനു പറഞ്ഞു ആ മനുസ്മൃതിയെ തീലിടൂ ാണ് കുറെ ആളുകൾ അദ്ദേഹം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ സ്ത്രീയെ നല്ലവണ്ണം സംരക്ഷിക്കണം വളരെ സോഫ്റ്റായിട്ടുള്ള പാർട്ടാണ് മനുഷ്യനിൽ മാത്രമാണോ സ്ത്രീകള് നിങ്ങളാ മൃഗങ്ങളുടെ ജീവിതമൊക്കെ നോക്കൂ എല്ലാത്തിലും സ്ത്രീ പുരുഷൻ അവരുടെ ജീവിത രീതികള് പദ്ധതികൾ ഒക്കെ ഉണ്ട് ഏകദേശം നമ്മൾ നോക്കിയാൽ അതേപോലെ തന്നെ നമ്മളുടെയും ഇത് നമ്മൾ ഉണ്ടാക്കിയതൊന്നുമല്ല അത് പരമ്പര പരമ്പരയായിട്ട് വന്നതാണ് എത്ര നാര്യസ്തു പൂജ്യത്തെ രമന്ത് തത്ര ദേവതാ എന്ന് മനു പറയണതാ ആ മനു കേട്ടിണ്ടോ കേരളത്തിലുള്ളവര് എത്ര നാര്യസ്തു പൂജ്യന് രമന്ത് തത്ര ദേവതാഹ എവിടെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നുണ്ടോ ആദരിക്കപ്പെടുന്നുണ്ടോ ആരാധിക്കപ്പെടുന്നുണ്ടോ അവിടെ എല്ലാ ദേവതകളും പ്രസന്നമാവും എത്ര ഏതാഹ ത്വനപൂജ്യന് സർവാഹ തത്ര അഫലാക്രിയാ എവിടെ സ്ത്രീ ആരാധിക്കപ്പെടുന്നില്ലയോ അവിടെ അവൻ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ വിഫലമായിട്ട് പോകും പകുതി വായിക്കുക എന്ന് പറയുന്നത് ഇതാണ് ഒരു കാര്യത്തിനെ എവിടെങ്കിലുമൊക്കെ വായിച്ച് എന്തിനോടെങ്കിലൊക്കെ കോപിക്കണം എന്തിനാ അങ്ങനെ വേണം ഞങ്ങളുടെ സമ്പ്രദായം എന്താണ് ഒന്നും കോപിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ കണ്ണാടി നോക്കി കോപിക്ക കോപിക്കാൻ എന്തെങ്കിലും വേണമെന്നാണ് അപ്പോ എന്തിനാ പറയണത് എന്ന് വെച്ചാൽ തപസ് എന്ന് പറയുന്നത് പോലും ശാസ്ത്രം വിധിച്ച തപസ് മതി അല്ലെങ്കിൽ ഇരണ്യകശിപ്പു തപസ് ചെയ്തു രാവണൻ തപസ് ചെയ്തു എന്ത് ഫലം കിട്ടി പ്രഹ്ലാദൻ തപസ്സേ ചെയ്തിട്ടില്ല നിങ്ങൾ ഭാഗവതം നോക്കൂ ഹിരണ്യകശിപു ചെയ്ത തപസ്സിന്റെ ആയിരത്തിലൊരംശം പോലും പ്രഹ്ലാദൻ തപസ് ചെയ്തിട്ടില്ല ഹിരണ്യകശിപു ഒറ്റക്കാലിൽ നിന്ന് ഉഗ്രതപസ് ചെയ്തു പ്രഹ്ലാദൻ തപസ് ചെയ്തു പ്രഹ്ലാദൻ ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ നാരദൻ പറഞ്ഞു കേട്ടു ജ്ഞാനിയായി പുറത്തു വന്നു ഹിരണ്യകശിപു തപസ്സുകൊണ്ട് എല്ലാ സിദ്ധിയും നേടി ഞാൻ ഏറ്റവും വലിയ സിദ്ധൻ എന്ന് പറഞ്ഞിരുന്നു പ്രഹ്ലാദൻ പറഞ്ഞു ഭഗവാനല്ലാതെ ഒന്നും ഇല്ലല്ലോ ഞാനേ പിന്നെ ഞാൻ എന്ത് തപസ്സു ചെയ്യും ഞാനെന്ന് പറഞ്ഞുണ്ടെങ്കിലല്ലേ തപസ് ചെയ്യാൻ ത്വം വായുരഗ്നിരവനിർദംബുമാത്ര പ്രാണേന്ദ്രി ഹൃദയം ചിദനുഗ്രഹസ്വമേ സഗുണോ വിഗുണശൂമൻ നദസ്തിയത് മനോ വജസാ നിരുതം പ്രഹ്ലാദന്റെ അനുഭൂതിജ്ഞാനമാണിത് അഗ്നി അവനി അമ്പു മാത്രണേന്ദ്രിയമേവ സഗുണോ വിഗുണശൂമന് ഭഗവാനെ എല്ലാം അങ്ങാണ് അങ് അല്ലാതെ ഞാൻ ചിന്തിച്ചിട്ട് ഇവിടെ ഒരു പൊരുളും കാണാനില്ല ഈ ജ്ഞാനം തപസ് കൊണ്ടു വന്നതൊന്നുമല്ല ഗുരുവചന ലവാത്ത് പ്രാപ്യത ഗുരു ഉപദേശിച്ചു കിട്ടിക്കഴിഞ്ഞു ശാസ്ത്രം നമ്മൾക്ക് എന്ത് വിധിച്ചിട്ടുണ്ടോ അത് ചെയ്യണതാണ് തപസ് അല്ലാതെ നമ്മൾ ഒരു വലിയ ഫീറ്റ് സാധിക്കുന്നത് തപസ്സല്ല ശാസ്ത്രം എന്റെ അടുത്ത് ഇന്നതൊക്കെ ചെയ്യൂ എന്ന് പറഞ്ഞു നീ ബ്രാഹ്മണനായിട്ട് ജനിച്ചോ ശരി സന്ധ്യാവന്തനം ചെയ്യും സന്ധ്യാവനം ചെയ്യും അനുഷ്ഠാനം ചെയ്യുമെന്ന് ചെയ്തു ഇന്നെ കർമ്മങ്ങൾ ചെയ്യുമെന്ന് എന്നെ കൊണ്ടാവണത് ഞാൻ ചെയ്തു ഇത്രയേ എന്റെ തപസ്സുള്ളൂ ഞാൻ കൂടുതൽ പോയി സാധിക്കാനൊന്നും നിൽക്കണില്ല കൂടുതൽ സാധിക്കാൻ എന്തുകൊണ്ട് തോന്നുന്നു അത് അംബീഷൻ അത് സംസാരാണ് അപ്പോ അശാസ്ത്രവിഹിതം ഘോരം തപ്യന്തേയെ തപോജനാഹം വിശ്ലോകം വായിച്ചിട്ടില്ല അശാസ്ത്രവിഹിതം ഘോരം തപ്പേ തോജന ദംഭാഹാരസുക്ത കാമരാഗലന്വിത കർയന്തരസ്ഥ ഭൂതഗ്രാമമചേതസ മാം ചൈവാശ്ശരീരസ്ഥ തപസ്സിനെയാണ് ഭഗവാൻ ആദ്യം പിടിക്കണത് സ്പിരിച്വൽ പ്രാക്ടീസ് മഹാഭാരതത്തില് ധർമ്മപുത്ര ചോദിച്ചു യക്ഷൻ എന്താണ് തപസ് ധർമ്മപുത്ര പറഞ്ഞു തപസ്വധർമ്മർത്തിവം സ്വധർമ്മത്തിനെ ചെയ്യണത് തന്നെ തപസ്സാണ് എനിക്ക് എന്താ കിട്ടിയതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യണു അത്രത്തിൽ അതിലെനിക്ക് അംബിഷൻ ഇല്ല കർത്തൃത്വമില്ല ഭോക്തൃത്വമില്ല ഐ ആക്ട് തപസ്വധർമ്മർത്തിവം സ്വധർമാനുഷ്ഠാനം തന്നെ തപസ് ഇതെല്ലാരും ധരിച്ചാൽ സമാധാനമാവും ശാസ്ത്രം വിധിച്ചിട്ടുള്ളത് തപസ് ശാസ്ത്രം ശാസിക്കുന്നു ഡിസിപ്ലിൻ നമുക്ക് നമ്മളുടെ ജനറ്റിക് ആയിട്ടുള്ള ഫീൽഡിനനുസരിച്ചും നമ്മൾ ജനിച്ചിരിക്കുന്ന സാഹചര്യത്തിനനുസരിച്ചും നമ്മളുടെ അധ്യാത്മമായ ലക്ഷ്യത്തിനെ മുൻനിർത്തിക്കൊണ്ട് ശാസ്ത്രവിഹിതമായിട്ടുള്ള എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ചെയ്യണമെന്ന് ശാസ്ത്രം പറയണു അത് ചെയ്യണു നീ ഇപ്പൊ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നീ പറഞ്ഞ കാര്യം ശാസ്ത്രം ഇന്നത് ചെയ്യൂ എന്ന് പറയണത് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ശാസ്ത്രം ഇന്നത് ചെയ്യരുത് എന്ന് പറയണത് ചെയ്യാതിരുന്നാൽ മതി ശാസ്ത്രം ഇന്നത് ചെയ്യരുത് എന്ന് പറയണത് ചെയ്യാതിരിക്കണതിന് ബലമുണ്ടോ അത് ശാസ്ത്രം ഇന്നത് ചെയ്യൂ എന്ന് പറയണത് ചെയ്യണത് വരില്ല അതുകൊണ്ട് ശാസ്ത്രം ഇന്നത് ചെയ്യൂ എന്ന് പറയണത് ചെയ്തിട്ട് ശാസ്ത്രം നിഷേധിക്കുന്നതും ചെയ്താൽ ഫലമില്ല ഞാൻ ഇതൊക്കെ ചെയ്യണുണ്ട് എല്ലാം ചെയ്യണുണ്ട് ബാക്കി കാര്യം അത് എല്ലാം എല്ലാ അനുഷ്ഠാനങ്ങളും അത് എന്നോട് അത് പോയിക്കലാം ഇതെല്ലാം പണവേ വേണ്ട ഇത് പണാ പറഞ്ഞു എപ്പോഴും ശാസ്ത്രം അകർമ്മത്തിന്റെ അടുത്താണ് നിൽക്കുക അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുമ്പോഴും അതാണ് അപ്പോഴേ പറ മുമ്പ് തന്നെ പറഞ്ഞത് ദിവസം പൂജ ചെയ്യണു പൂജ ചെയ്യുമ്പോ ചിലർ ചോദിക്കും ഭക്തി അവിടെ ചെയ്യണ്ടേ ഭക്തിയൊന്നും വരണില്ല പിന്നെ ഞാൻ ചെയ്തിട്ട് എന്ത് കാര്യം ആ ഭക്തി വരുക എന്ന് ചാപ്പാടിന്റെ കൂടെ ഒരു പായസം പോലെ പായസം ഉണ്ടെങ്കിലേ ഊണ് കഴിക്കുള്ളൂ പായസം ദിവസം കഴിക്കോ ഇല്ല അതുപോലെ നിനക്ക് ഭക്തി വരാന്നുള്ളത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് ഈ അനുഷ്ഠാനം ഭക്തി വരാനല്ല മുഖ്യപ്രയോജനം എന്താന്ന് വെച്ചാൽ നിഷിദ്ധകർമ്മം ചെയ്യാതിരിക്കാനുള്ള ഡിസിപ്ലിനാണ് അത് കാമ്യകർമ്മം നിഷിദ്ധകർമ്മം വിഹിതകർമ്മം ഈ വിഹിതകർമ്മം എന്തിനാണ് നിഷിദ്ധകർമ്മം ചെയ്യാതിരിക്കാനാണ് ർമ്മത്തിനെ ധർമ്മത്തിന്റെ വരമ്പിന്റെ ഉള്ളിൽ കൊണ്ടുവരാനാണ് കാമ്യകർമ്മത്തിനെ ധർമ്മത്തിന്റെ വരമ്പിൽ കൊണ്ടുവരികയും നിഷിദ്ധകർമ്മം ചെയ്യാതിരിക്കുകയും നിഷിദ്ധകർമ്മം ചെയ്യാതിരിക്കാനാണ് പേരാണ് തപസ് അപ്പോ ശാസ്ത്രം വിധിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിഷിദ്ധത്യാഗം നിഷിദ്ധ ത്യാഗം ചെയ്യാതെ നിഷിദ്ധത്തിന് വേണ്ടി തന്നെ ഈ തപസൊക്കെ ഇപ്പൊ ഹിരണ്യകശിപു രാവണനൊക്കെ ചെയ്തപ്പോ അല്ലെ തപ്യന്തേ തപോചന ചിലരൊക്കെ അങ്ങനത്തെ തപസ്സൊക്കെ ചെയ്യും ദംഭാഹംകാര സംയുക്ത അവർക്ക് ഞാൻ ഇത് ചെയ്തു അത് ചെയ്തു എന്ന് പറയുന്നത് ദംഭ ഉണ്ടാവും അഹങ്കാരമുണ്ടാവും കാമും രാഗമും അറ്റാച്ച്മെന്റ് അവർക്ക് അവരുടെ പേഴ്സണാലിറ്റിയോടും അവരുടെ കർമ്മത്തിനോടും അവരുടെ എന്തിനോടൊക്കെയോ അറ്റാച്ച്മെന്റും ആഗ്രഹവും അതിന്റെ ബലവും ഒക്കെ വെച്ചുകൊണ്ട് ഇവര് എങ്ങനെ ഇവർക്ക് ഇങ്ങനെ തപസ്സു ചെയ്യാൻ പറ്റി നമ്മൾക്ക് പറ്റണില്ലല്ലോ നമുക്ക് തോന്നും ഹിരണ്യ കക്ഷിപ്പ് തപസ് ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇതുപോലെ നമ്മൾക്ക് പറ്റണില്ലല്ലോ അവരുടെ തപസ്സിന്റെ ബലം തന്നെ അവരുടെ കാമരാഗലം അപ്പോ പലരും പല വിധത്തിൽ ഇപ്പം അമ്പലത്തിൽ പോകണു അവിടെ പോകണു ഇവിടെ പോണു ചില സാത്വികരുണ്ടാവും അവരൊന്നിനും പോകില്ല എവിടെയോ ഇരിക്കും ശാന്തമായിട്ടിരുന്ന് അവർക്ക് തന്നെ ചിലപ്പോൾ തോന്നും നമ്മൾക്ക് ഇവരെ പോലെ ഭക്തി ഇല്ലല്ലോ ഇവരെവിടെയൊക്കെയോ പോണു എന്തൊക്കെയോ ചെയ്യണു എന്തിനാ ചെയ്യണമെന്ന് സൂക്ഷിച്ച് അടുത്തുപോയി നോക്കിയാൽ എന്തോ ആഗ്രഹം സാധിക്കാനാണ് എന്തിനോ ആണെങ്കിൽ അതാണ് അവരുടെ ബലം കാമരാൻ വിതാഹ ലോകത്തിലെ ഓരോ ആളുകൾ എത്ര ബുദ്ധിമുട്ടുണ്ടല്ലേ എവിടേക്കു പോയിട്ട് മിഡിൽ ഈസ്റ്റില് എന്താ ഫെനറ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റിലൊക്കെ പോയിട്ടിരിക്കുന്ന അവിടെ പോയി കഴിഞ്ഞാൽ ഉപദ്രവിക്കും എന്നാലും അവിടെ പോയിട്ടിരിക്കണം എന്തിനാ ഒത്തിരി പണം ഉണ്ടാക്കണം ഒരാള് പറഞ്ഞു വാസ്തവമായിട്ട് പോലീസ് വഴിയിൽ കണ്ടിട്ട് ചോദിച്ച് പേര് ചോദിച്ചിട്ട് സൗദി അറേബ്യയിൽ മുഖത്ത് തുപ്പി അത്ര ഞാൻ ചോദിച്ചു എന്തിനാ അവിടെ ഇരിക്കുന്നത് അവർക്ക് എന്തിനിരിക്കണോ എന്തെങ്കിലും കിട്ടണം എന്ത് ബലം വെച്ചുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത് കാമരാഗ ആഗ്രഹമുണ്ട് അറ്റാച്ച്മെന്റ് ഉണ്ട് ഒരു ഫോഴ്സ് വരുന്നു ഈ ആഗ്രഹം അറ്റാച്ച്മെന്റൊക്കെ എങ്ങനെ വിടാൻ പറ്റും വിടാൻ പറ്റില്ലേ അതുകൊണ്ടാണ് ഭക്തിയിൽ നമ്മൾ പറയുന്നത് കാമത്തിനെ ഈശ്വരന്റെ അടുത്ത് ആത്മകാമഹ മോക്ഷ കാമഹ ഭഗവത് കാമഹ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചുവിട്ട് രാഗത്തിനെ ഭഗവാന്റെ അടുത്ത് തിരിച്ചുവിട്ടാൽ ഇത്തരം രാഗവിസ്മാരണം എന്ന് ഭക്തി ശാസ്ത്രം പറയണു ഉപാസനയില് ഭഗവാന്റെ അടുത്ത് തിരിച്ചുവിടൂ എന്ന് പറയണു ആ രണ്ടുള്ളപ്പം എന്ത് ചെയ്യും കർഷയന്ത ശരീരസ്ഥം അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു ശരീരത്തിനെ കർഷിപ്പിക്കാം ഇതിപ്പോ നിങ്ങൾ തപസ്സെന്ന് തന്നെ എടുക്കണ്ട ലോകത്തിൽ തന്നെ നോക്കുക അറ്റാച്ച്മെന്റും കാര്യം സാധിക്കാനുള്ളതൊക്കെ വരുമ്പോൾ ശരീരത്തിനെ വിഷമിപ്പിച്ച് രാവും പകലും ഇല്ലാതെ പണിയെടുക്കുന്നു അധ്വാനിക്കുന്നു നിങ്ങൾ പ്രകൃതിയിൽ നോക്കൂ മനുഷ്യനല്ലാതെ ആരെങ്കിലും ഇങ്ങനെ അധ്വാനിക്കണുണ്ടോ കുരുവികളൊക്കെ രാവിലെ പോകണോ എന്തോ പിടിക്കണോ ഒരു മരച്ച ചുവട്ടിലിരിക്കണോ അവരും ജീവിച്ചു ഈശ്വരൻ അവരെയും നോക്കണു പ്രശാന്തമായിട്ട് ഒരാൾക്ക് ഉപദ്രവം നമ്മൾ അധ്വാനം എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ടാണ് പഠിപ്പിക്കണത് അധ്വാനിച്ച് അധ്വാനിച്ചാണ് ഈ നാട് മുഴുവൻ നമ്മൾ നശിപ്പിച്ചിരിക്കുന്നത് എവിടെ നോക്കിയാലും റോഡും വാഹനങ്ങളും പൊലൂഷനും മരങ്ങളൊക്കെ മുറിക്കലും മലയൊക്കെ ഒരു മലയെ കാണാനില്ല പോണ വഴിയിൽ എന്താ കുറെ ആളുകളുടെ അധ്വാന ഫലം അധ്വാനത്തിന് ഇന്റലിജൻസ് ഇല്ലെങ്കിൽ എന്ത് പ്രയോജനം അവരെ അധ്വാനിക്കുന്നതൊക്കെ ശരിക്കു തന്നെയാണ് പക്ഷെ എന്താ അധ്വാനവും ബ്രെയിനും കൂടെ ചേരുമ്പോ ഒരു വലിയ മെഷീൻ കണ്ടുപിടിച്ചു ആ മെഷീൻ പഴയ കാലത്താണെങ്കിൽ ഫാറ് വെട്ടി വെട്ടി കുറച്ചേ എടുക്കുള്ളൂ ഇപ്പൊ ആ മെഷീൻ ആക്കിയപ്പോ ഒരു മലയെ പഴയ കാലത്തിലെ മലയെ മുഴുങ്ങി മഹാദേവൻ എപ്പിമ്പ എല്ലാമേ മലയെ മുഴുങ്ങി മലയെ കാണും ഒരിടത്തേ പാത്താ മലയെല്ലാം റോഡാ കിടക്ക് ഇനി കടലെപ്പോ വറ്റിക്കുന്നറിയില്ല നമ്മള് നടക്കും എനിത്തിങ് ഇസ് പോസിബിൾ അധ്വാനം കർമ്മത്തിന് അത്ര പ്രാമുഖ്യമാണ് ചെയ്തു ചെയ്തു എന്ത് എന്ത് പ്രയോജനം ഉണ്ടായോ ഇല്ല മനസ്സിന് ശാന്തി ഉണ്ടായില്ല കുറെ കെട്ടിടങ്ങൾ ഉണ്ടായി കൊറേ വിസ്മയങ്ങൾ സൃഷ്ടിച്ചു എന്റെ അറിവില് ഒരു കുട്ടി അമേരിക്കയിൽ പോയിട്ട് വന്ന് പറഞ്ഞു ആറുമാസം മുമ്പ് ഹി ആയിട്ടിരുന്ന പ്രൊഫസർ ഇപ്പൊ ഷീ ആയിട്ട് വന്നിരിക്കണെന്നാണ് മനസ്സിലായോ മാരിയപ്പൻ മാരിയമ്മ ആയിട്ട് വന്നു അർത്ഥം അതാണ് സംഭവിച്ചത് ഇത് ഇത് ഇതൊരു വലിയ നേട്ടമാണോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ മനുഷ്യൻ തന്ന ശരീരത്തിനെ ആണ് പെണ്ണാക്കി നമ്മൾ ഭാഗവതത്തില് ഒക്കെ പറയുമ്പോഴൊന്നും ഇത്രയ്ക്ക് ധരിച്ചില്ല കുറച്ചു വർഷം മുമ്പ് ഇപ്പോ ആ ലോകം മുഴുവൻ ആദർശമായി കാണുന്ന രാഷ്ട്രത്തില് ആറുമാസം മുമ്പ് ആണ് ആറുമാസം കഴിഞ്ഞ പെണ്ണായിട്ട് നടക്കുന്നതൊരു അച്ചീവ്മെന്റ് ആണോ ഇതാണോ നിങ്ങളുടെ അറിവിന്റെ ലക്ഷ്യം സമാധാനം ഉണ്ടാവുമോ മനുഷ്യന് പ്രകൃതിയെ മുഴുവൻ ഡിസ്റ്റർബ് ചെയ്താൽ സമാധാനം ഉണ്ടാവുമോ